സദൃശവാക്യങ്ങൾ അധ്യായം ഒന്ന് ഇസ്രയേൽ രാജാവായി ദാവിദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേക വചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അൽപബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന പരിജ്ഞാനവും വകതിരിവും നൽകുവാനും നാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടംകഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു യഹോവ ഭക്തി ത്തിന്റെ ആരംഭമാകുന്നുാനവും പ്രബോധനവും നിരസിക്കുന്നു മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത് അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് ഞങ്ങളോടുകൂടെ വരിക നാം രക്തത്തിനായി പതിയിരിക്കാം നിർദ്ദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കാം പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളകാം നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ട് നിറയ്ക്കാം നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ മകനെ നീ അവരുടെ വഴിക്ക് പോകരുത് നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയുമരുത് അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു പക്ഷികൺകെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു സ്വന്ത പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ അത് അവരുടെ ജീവനെ എടുത്തുകളയുന്നു ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു അവൾ ആരവമുള്ള തെരുക്കളുടെ തലക്കിൽ നിന്ന് വിളിക്കുന്നു നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത് ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും പോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളി ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചന ഒക്കെയും ത്യജിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റുപോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ വിളിക്കും ഞാൻ ഉത്തരം പറയയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയുമില്ല അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യഹോവാഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസന ഒക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തവഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും ഫോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും എന്റെ വാക്കുകേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും